ആദും സമൂദും ഓർക്കുക അവരുടെ താമസസ്ഥലങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാമല്ലോ പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് മനോഹരമാക്കി കാണിച്ചു അങ്ങനെ അവൻ അവരെ നേർവഴിയിൽ നിന്ന് തടഞ്ഞു അവർ കാഴ്ചയുള്ളവരായിരുന്നു